ശബ്ദ ഇതൊരു സാങ്കേതികമായ ചർച്ചയാണ് ഇവിടെ പറയുന്നു വേദത്തിൽ നിന്ന് ഉണ്ടാകേണ്ടത് എന്താണ് ആത്മതത്വനിശ്ചയം അപ്പൊ ആത്മതത്വ നിശ്ചയം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു അതീത വേദസ വിജിതാർത്ഥ സമതിഗത ശബ്ദ ന്യായ തത്വസ് വേദം അധ്യയനം ചെയ്തവന് പദാർത്ഥ സംബന്ധത്തെ അറിഞ്ഞവന് വാക്യാർത്ഥം ഞാൻ എങ്ങനെ ഉണ്ടാകുന്നു അതിൻ്റെ യുക്തികളൊക്കെ അറിയാവുന്നവനും വാക്യം കേൾക്കുമ്പോൾ ആത്മതത്വ നിശ്ചയമാണ് ഉണ്ടാകുന്നത് അത് ഏതുപോലും പറഞ്ഞു ർത്ഥസന്നിഗർ അർത്ഥവബോധം കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ദുർഗന്ധം ഇവിടെ ദുർഗന്ധം ഉണ്ടെങ്കിൽ ഒരാൾക്ക് ദുർഗന്ധം ഞാനുണ്ടാകുന്നു ദുർഗന്ധം അത് ഇന്ദ്രിയം കൊണ്ടുള്ള ജ്ഞാനത്തിന്റെ മനസ്സിലാക്കുക ഇന്ദ്രിയം കൊണ്ടുള്ള ജ്ഞാനം ദുർഗന്ധം പരിസരത്തുണ്ടെങ്കിൽ ദുർഗന്ധം ഞാനും ഉണ്ടാവുന്ന അതിനുവേണ്ടി അവൻ എന്തെങ്കിലും ചെയ്യണം ദുർഗന്ധം പരിസരത്തുണ്ടെങ്കിൽ അവന് ദുർഗന്ധം ഞാനും ഉണ്ടാവും അതിനുവേണ്ടി അവനൊന്നും ചെയ്യേണ്ട കാര്യമുണ്ട് അതുപോലെ തന്നെ ശബ്ദം ഞാനും ശബ്ദം ഞാനും ഉണ്ടാവുന്നു ശ്രവണേന്ദ്രിയത്തിലൂടെ മറ്റത് ഘ്രാണേന്ദ്രിയത്തിലൂടെ ഉണ്ടാവുന്നു അതുപോലെയാണ് ഞാനും ഉണ്ടാവുന്നത് ദുർഗന്ധ ജ്ഞാനം ഉണ്ടാകുന്നതിന് വേണ്ടി അവനൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇനി വേണ്ടെങ്കിൽ മൂക്കി പൊത്തിപ്പിടിക്കുക അത്രയുള്ളൂ അപ്പൊ ആത്മതത്വ നിശ്ചയം അങ്ങനെയാ ഉണ്ടാവുന്നു ദുർഗന്ധജ്ഞാനം പോലെ ശബ്ദം കേൾക്കുന്നു അർത്ഥം മനസിലാക്കാനുള്ള യോഗ്യതയുണ്ടെങ്കിൽ നല്ല ബോധം ഉണ്ടാകുന്നു കർമ്മങ്ങളെ സംബന്ധിച്ചെന്താണ് സ്വർഗകാമ യജേത ഇവിടെ സ്വർഗത്തിനു വേണ്ടി കർമ്മത്തെ വിധിക്കാണ് അതുപോലെ ഇവിടെ മോക്ഷത്തിന് വേണ്ടി ജ്ഞാനത്തെ വിധിക്കുകയല്ല അതാണ് ഇനി പറയാൻ പോകുന്നത് മോക്ഷത്തിനു വേണ്ടി ജ്ഞാനത്തെ വിധിക്കുന്നില്ല വിധിയുടെ ആവശ്യമില്ല അഭിച്ച ആത്മജ്ഞാനവിധി പരീക്ഷവും ആത്മജ്ഞാന വിധിപരമാണ് വാക്യങ്ങളുള്ള ആത്മജ്ഞാനത്തെ വിധിക്കുന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആത്മതത്വം നിശ്ചയ സത്മതത്വം നിശ്ചയം ഉണ്ടാകത്തില്ല ശബ്ദമായ ആത്മതത്വം നിശ്ചയം ഉണ്ടാകത്തില്ല തത്വബോധം ഉണ്ടാകത്തില്ല എന്താണ് വിധിച്ചത് ഞാൻ ജ്ഞാനത്തെ വിധിച്ചു എന്ന് പറയും അപ്പൊ ജ്ഞാനത്തെ വിധിച്ചു എന്ന് പറഞ്ഞാൽ അത് തത്വബോധമല്ല ഉപാസനയായി ഉപാസനയായി മാറും അത് അവസാനം പറയും ആത്മതത്വപരാവസ്ഥേദാക്യങ്ങൾ ആത്മജ്ഞാനത്തെ ആണ് വിധിക്കുന്നതെങ്കിൽ ആ വാക്യങ്ങളുടെ താല്പര്യം ആത്മതത്വമല്ല അത് ഏതുപോലെയെന്ന് വെച്ചുകഴിഞ്ഞാല് വാചം ധേനും ഉപാസീത ഒരു വിധിയാണ് വാക്കം എന്ന് വെച്ചാൽ ധേനുവായി ഉപാസിക്കുക അത് എന്താണ് ഒരു ഉപാസന വിധിയാണ് ഉപാസിക്കുകയെന്ന് പറയുമ്പോൾ അവിടെ ജ്ഞാനത്തെ വിധിയാണ് വേദത്തെ പശുവായി ധ്യാനിക്കാൻ പറയു അത് ഉപാസനാ വിധിയാണ് ധ്യാനിക്കുക എന്ന് പറയുന്നത് ജ്ഞാനമാണ് എന്തുകൊണ്ട് പറയുന്നു ധേനു എങ്ങനെയാണോ അതിൻ്റെ അകട്ടിൽ നിന്ന് പാല് ചുരുത്തി തരുന്നത് അതുപോലെ വേദം ദേവന്മാർക്കും പിതൃക്കൾക്കും മനുഷ്യർക്കും എല്ലാം വേണ്ടതെന്ന് വേണ്ടതെന്നാ അത് കൊടുക്കുന്നു അതുകൊണ്ട് എന്ത് ചെയ്യണം പശുവിനെ പോലെ അത് ഫലം കൊടുക്കുന്നതാണ് അതുകൊണ്ട് വേദത്തെ പശുവിനെ പോലെ ധ്യാനിക്കണമെന്ന് പറയണം അവിടെ ജ്ഞാനവിധിയാണത് അതിന് ഫലം കിട്ടും ചെയ്തതിന്റെ ഫലം കിട്ടും ഇവിടെ അതല്ല ആത്മതത്വത്തെ ബോധിപ്പിക്കണം ജ്ഞാനത്തെ വിധിക്കുകയല്ല ആ ജ്ഞാനം ചെയ്യണം എന്നാവശ്യപ്പെടുകയല്ല ധ്യാനിക്കണമെന്ന് ആവശ്യപ്പെടുകയല്ല പറയുന്നത് ആത്മതത്വപരാസ്തി അപ്പോ വേദത്തെ പശുവിനെ പോലെ ഉപാസിക്കണമെന്ന് പറയുമ്പോ അവിടെ എന്താണ് അവിടെ വേദ തത്വത്തെ ബോധിപ്പിക്കല്ല േദത്തെ പശുവായി ധ്യാനിക്കുകയും പറയൂ അതുപോലെ ഇവിടെ എന്താണ് തഥാ ഇത് ആത്മജ്ഞാനത്തെയാണ് വിധിക്കുന്നതെങ്കിൽ ആത്മതത്വോപരാസത്തെ ഈ വേദാന്തവാക്യങ്ങൾ അതിന്റെ താല്പര്യം ആത്മതത്വം ഉണ്ടാകുന്നു വേദത്തെ അല്ല ബോധിപ്പിക്കുന്നത് വേദത്തെ പശുവായി ബോധിപ്പിക്കുകയാണ് പശുവിനെ പോകുന്നത് അതുപോലെ വ്യത്യാസം വരും അങ്ങനെ പറയാണ് ആത്മാവിനെ പരമാത്മാവായി ധ്യാനിക്കുക എന്ന് പറഞ്ഞ പോയി ആത്മാവിനെ പരമാത്മാവായി ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ പോയി അപ്പോ പരമാത്മാവായി ധ്യാനിക്കുന്ന ധ്യാനത്തെ അല്ലെങ്കിൽ ജ്ഞാനത്തെ വിധിക്കുന്നു വരും അപ്പൊ അങ്ങനെയല്ല വേദാന്തത്തിൽ നിന്നും ആത്മാവനെ മനസ്സിലാക്കേണ്ടത് ആത്മതത്വത്തെ ബോധിക്കുക എന്നാണ് വേദാന്തം പറയുന്നത് സത്യഞ്ജാനന്ദ്രല്ലായിടത്തും ആത്മാവരെ നിഷ്ട്രോതവ്യ മന്ദവ്യ ഇവിടെയെല്ലാം അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഹിന്ദു തജ്ഞാനവിധി പുരാ ഇവിടെ ആത്മതത്വത്തെ ബോധിപ്പിക്കുകയല്ല മറിച്ച് എന്താണ് ആത്മജ്ഞാനമാണ് അതിന്റെ അർത്ഥം ആത്മജ്ഞാനത്തെ വിരിക്കുന്നു ഉപാസന വിരിക്കുമ്പോൾ വേദാന്തവാക്യങ്ങൾ എന്താണോ അതിന്റെ താല്പര്യം അതായിരിക്കും എന്റെ അർത്ഥം വേദാന്തവാക്യങ്ങളുടെ താല്പര്യം ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആത്മഉപാസനായിരിക്കും കാരണം ജ്ഞാനത്തെ വിരിക്കുകയാണ് വെച്ചാൽ ഉപാസിനെ വിരിക്കുകയാണ് യത്പരാ സത്യെന്നുവെച്ചാൽ വേദാന്തവാക്യങ്ങൾ യത്പരാ അത് ജ്ഞാനപരമാണെങ്കിൽ തേ ജ്ഞാനമായിരിക്കും തേഷാം അർത്ഥാർത്ഥ ബോധ്യ ബോധ്യനിഷ്ഠവാദപേക്ഷിത അന്യവരെ ഭ്യൂബി ബോധ്യത ഇതൊരു നിയമാണ് ബോധ്യ ബോധ്യനിഷ്ഠ ബോധം എന്ന് പറയുന്നപ്പോൾ എന്താണ് ബോധ്യനിഷ്ഠമാണ് എന്നാൽ എനിക്കിപ്പോ പുസ്തകത്തെ കുറിച്ച് ബോധമുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ എന്റെ ബോധം ഈ പുസ്തകത്തെ ആശ്രയിച്ചാണ് ഉണ്ടാകുന്നത് ബോധ്യനിഷ്ഠമാണ് ബോധം അങ്ങനെയാണ് വസ്തുതന്ത്രം എന്ന് പറയുന്നത് അദ്ദേഹത്തിൽ വസ്തുതന്ത്രം എന്ന് പറയും ഞാനെപ്പോഴും എന്തായിരിക്കും വസ്തുവിനുസരിച്ചായിരിക്കും ആത്മാവിനെ ബോധിപ്പിക്കുന്നു സത്യഞ്ജാനം അനന്തം ബ്രഹ്മം അപ്പോ ആ വസ്തു എങ്ങനെയാ വസ്തു എന്ന് പറയുന്നത് ബ്രഹ്മം അതെങ്ങനെയോ അങ്ങനെയായിരിക്കും ബോധം ആ സമയം ജ്ഞാനം അങ്ങനെയല്ല ജ്ഞാനം എന്ന് പറയുന്നത് എനിക്ക് എന്റെ ഉള്ളിൽ ഞാൻ എനിക്ക് എങ്ങനെയുള്ള ജ്ഞാനത്തെ ഉണ്ടാക്കാം ഏതുള്ള ജ്ഞാനം എനിക്ക് ഉണ്ടാക്കാം ഇതിനെ പുസ്തകമായിട്ട് കാണാം പിന്നെ അല്ല ഇനി ഇതിന് വേണമെങ്കിൽ എനിക്ക് പേപ്പറായിട്ട് കാണാം മഷിയായിട്ട് കാണാം അപ്പോ പലതരത്തിൽ ഇതിനെ മനസ്സിലാക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുള്ളു പക്ഷെ ഇന്ദ്രിയാർത്ഥ സന്നിവേശം ഉണ്ടാകുമ്പോൾ ഈ വസ്തുവിനോട് എനിക്ക് സന്നിവേശം ഉണ്ടാകുമ്പോൾ എന്താണോ അവിടെ അപ്പോ വിഷയമായിരിക്കുന്നത് അതിന്റെ ഞാനുണ്ടാകും പുസ്തകം എന്നുള്ള നയിക്കിയത് എനിക്ക് വിഷയമാണെങ്കിൽ എനിക്ക് പുസ്തകം ഞാനുണ്ടാവും ഇതിനെക്കാളും നല്ല ഉദാഹരണം ഇതാണ് ഗന്ധം ദുർഗന്ധമാണ് ഇന്ദ്രിയത്തിന്റെ വിഷയമാണെങ്കിൽ എനിക്ക് ദുർഗന്ധം ഞാനുണ്ടാകും അവിടെ മറ്റൊന്നും വേറെന്തിനടെ ചാൻസ് ഇല്ല സുഗന്ധമാണെങ്കിൽ സുഗന്ധം ഞാനുണ്ടാകും അതാണ് ബോധസ്യ ബോധ്യനിഷ്ട ബോധം എന്ന് പറയുന്നത് ആശ്രയിച്ചാണ് ഉണ്ടാവുന്നത് എല്ലാ വ്യക്തിയെ ആശ്രയിച്ചല്ല ബോധം എന്ന് ഇന്ദ്രിയ അർത്ഥ സന്ദേശത്തിലൂടെ ഉണ്ടാവുന്നു ബോധത്തിലോട് പറയുന്നു സ്വപ്നം കാണുന്നില്ല ഇന്ദ്രിയാർത്ഥ സന്വേഷത്തിലൂടെ ബോധമുണ്ടാവുമ്പോൾ അത് ആ വിഷയത്തിനനുസരിച്ചായിരിക്കും എന്തുകൊണ്ട് തത് അപേക്ഷിതത്വം അത് അത് ആ വസ്തുവിനെ അപേക്ഷിക്കുന്നു അറിയേണ്ട വസ്തുവിനെ ആശ്രയിച്ചാണ് അതുകൊണ്ട് ആനയെ കാണുമ്പോൾ ആനാന്നും ബോധമുണ്ടാവും കുതിരയെ കാണുമ്പോൾ ബോധമുണ്ടാവുന്നു അങ്ങനെ ഉണ്ടാവും അന്യവരെ ബോധ്യതത്വം നിശ്ചയം അതുകൊണ്ട് ബോധ്യമായ തത്വത്തിന്റെ നിശ്ചയം അറിയേണ്ടതായ അറിയപ്പെടുന്ന തത്വത്തിന്റെ നിശ്ചയം മറ്റ് ജ്ഞാനപരമായ വാക്യങ്ങളിൽ കൂടെ ഉണ്ടാവത്തില്ല ഉദാഹരണ ഇതുമാണ് ഇതൊക്കെ വേദത്തിലെ പ്രക്രിയ പറയുന്നതാണ് വാചം ദേനോപാസിത എന്ന് പറഞ്ഞാൽ വേദത്തെ കുറിച്ചുള്ള ജ്ഞാനം അന്യപരം ആ വേദത്തെ പശുവായിട്ട് ധ്യാനിക്കണമെന്ന് പറയുന്ന വാക്യത്തിൽ ഉണ്ടാവത്തില്ല പശുവായി ധ്യാനിക്കണമെന്ന് പറഞ്ഞാൽ പശുവാണെന്ന് സങ്കല്പിക്കുക അത് ആ വാക്യത്തിൽ നിന്ന് വേദത്തിന്റെ യഥാർത്ഥം ഞാനും ഉണ്ടാകത്തില്ല കാരണം വേദത്തെ മറ്റൊന്നായി കൽപ്പിക്കണം അതൊരു ആരോപാണ് അവിടെ എന്താ വാസ്തവത്തിൽ വേദം പശുവല്ല പശുവല്ലാത്ത വേദത്തെ പശുവായി വാസിക്കുന്നു ധ്യാനിക്കുന്നു അന്യവരെ ജ്ഞാനവിധിപരമാണെങ്കിൽ എന്താണ് ബോധ്യ തത്വനിശ്ചയ അന്യപരമായ വാക്യങ്ങളിൽ നിന്ന് അന്യവരെ നിശ്ചയ അഭിന്യസിയാകുന്ന അന്യപരമായ വാക്യങ്ങളിൽ നിന്ന് ബോധ്യ തത്വനിശ്ചയം ഉണ്ടാകത്തില്ല പിന്നെ എന്താ അവിടെ സംഭവിക്കുക അവിടെ ആ ധ്യാനം മാത്രമേ സംഭവിക്കൂ സമാരോപേണാവിതൂപത്തേഹേച്ച ഇതിനെ വിധിപരമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ആത്മജ്ഞാന വിധിപരമായി ഇതിനെ സ്വീകരിക്കുകയാണെങ്കിൽ ശ്രുതിവാക്യങ്ങൾ ദ്രഷ്ടവ്യോ ശ്രോതവ്യോ മന്ദവ്യോ എന്നൊക്കെ പറയുന്ന ആത്മജ്ഞാനത്തെ വിധിക്കുന്നു അങ്ങനെ എടുക്കുകയാണെങ്കിൽ അതൊരു ആരോപമാകാം എന്താണോ ഒന്നല്ലാത്തത് അതാണെന്ന് പറയുന്നതാണ് ആരോപം വേദമെന്ന് പറയുന്നത് പശുവല്ലോ പക്ഷെ വേദത്തെ പശുവായി ധ്യാനിക്കാന്നുള്ള സമാരോപമാണ് ആത്മതത്വജ്ഞാനം ഉണ്ടാകുന്നതിന് ആത്മജ്ഞാനത്തെ വിധിച്ചാൽ ആൾക്കാരെന്തെയും ആത്മധ്യാനം ചെയ്യും ആത്മാവിനെ ഉപാസിക്കും അങ്ങനെ ഉപാസിക്കുമ്പോ ആ ഉപാസന എന്ന് പറയുന്നത് ഒരു ആരോപുമാകാം ഏതുപോലെ ആത്മാവ് അത് ബ്രഹ്മമല്ല അതിനെ ബ്രഹ്മമായി ധ്യാനിക്കുക എന്നും അർത്ഥം വരാം ആത്മാവ് ബ്രഹ്മമല്ല പക്ഷെ ഒരാൾ എന്തു ചെയ്യണം അതിനെ ബ്രഹ്മമായി ധ്യാനിക്കുന്നതാണ് സമാരോപം തത്വം ജ്ഞാനവും ഉപാസനയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഈ പറയുന്ന ഉപാസന എന്ന് പറയുമ്പോൾ ഒന്നിനെ മറ്റൊന്നായി ധ്യാനിക്കുന്നതാണ് ഇവിടെ ആത്മാവിനെ മറ്റൊന്നായി ബ്രഹ്മമായി ധ്യാനിക്കുക ആവശ്യപ്പെടുകയറില്ല അതാണ് ഈ പറയുന്നതിന്റെ ചുരുക്കം ആത്മതത്വത്തെ അറിയാൻ വേണ്ടി ശ്രുതി ഉപദേശിക്കുകയാണ് ഇതിന്റെ അർത്ഥം വേദാന്ത അതുകൊണ്ട് വിധിക്കുകയല്ല ഉപനിഷത്തുകളുടെ താല്പര്യം മറിച്ച് ആത്മതത്വത്തെ ബോധിപ്പിക്കുകയാണ് ബോധത്തെ വിധിക്കുകയല്ല ജ്ഞാനത്തെ വിധിക്കുകയല്ല ചെയ്യുന്ന മറിച്ച് ആത്മതത്വത്തെ ബോധിപ്പിക്കുന്നു അപ്പൊ ആ വാക്യത്തിൽ നിന്ന് ആത്മതത്വഗ്രഹണവും ഉണ്ടാവും അല്ലാതെ ആത്മതത്വജ്ഞാനവും ഉണ്ടാവും അല്ലയാളവിടെ ആ വാക്യം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഇരുന്ന് ആത്മതത്വത്തെ ധ്യാനിക്കും അതാണ് ഈ പറയുന്നത് ചെറുപ്പം ഇപ്പൊ ഭഗവതികാലം പറയുന്നു അങ്ങനെ തത്വത്തെ ബോധിച്ചതിന് ശേഷം പിന്നെ പ്രത്യേകിച്ച് ധ്യാനവും മറ്റുമാകാം എന്നാണ് പറയുന്നത് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞു അർത്ഥം അത് കഴിഞ്ഞു ഇനി മുമ്പോട്ട് പോയാണ് ഭാഷ തസ്മാത് കിമി വക്തവ്യം ബ്രഹ്മ ജിജ്ഞാസ ഉപദേശീ അതുകൊണ്ട് അത് ശബ്ദത്തിന്റെ അർത്ഥം അനന്തരമാണ് അതുകൊണ്ട് ഇതുവരെ പറഞ്ഞതാണ് കിമപി വക്തവ്യം അത് പറയണം ഏതപി വക്തം എന്ന് വെച്ചാൽ അത് ബ്രഹ്മജിജ്ഞാസ ഉപദേശിച്ചത് ബ്രഹ്മജിജ്ഞാസ ഉപദേശിക്കുന്നത് ബ്രഹ്മജിജ്ഞാസന്ന് ബ്രഹ്മവിചാരം അത് ഉപദേശിക്കുന്നത് അപ്പൊ ഇതുവരെ ചർച്ച ചെയ്ത് അർത്ഥം ഇത്രയും പരത്തി വിശദമായി ഭാഗം ചെയ്തു ഭാഗതിയുടെ പ്രകൃതവും സംഹതി വക്തൃംസ ീ സതി ഏതൊന്നും ഇല്ലാതിരുന്നാലാണോ ബ്രഹ്മ വിജയം സംഭവിക്കത്തില്ല അറിയാനുള്ള ആഗ്രഹം സംഭവിക്കത്തില്ല സതിതു ഏതൊന്നുണ്ടായിരുന്നാലാണോ ഭവന്തി ഭവിച്ചു തന്നെ തീരും ക്ഷത്രം ഭവന്ത അത് ഭവിച്ചുകൊണ്ടിരിക്കും ഭവതിച്ച് തന്നെ അപ്പൊ എന്തുണ്ടായാലാണോ അവശ്യം ബ്രഹ്മൈപിജ്ഞാസ് സംഭവിക്കുന്നത് അത് പറയണമെന്നാണ് തഥാഹ ഉനം പറയുന്നു നിത്യനിത്യ വസ്തുവിവേക ആദ്യം പറഞ്ഞു ഭഗവതികാരം പറയുന്നു ഉച്ചതേ നിത്യാനിത്യവസ്തുവിവേക ഇത്യാദി ിത്യ വസ്തു വിവേകം എന്ന് പറയുന്നതിന് സാധാരണ പറയുന്ന അർത്ഥം പറഞ്ഞിട്ട് ഭാവധികാരനെ ഖണ്ഡിക്കുകയാണ് അധികം പ്രസംഗമാണ് ഭാവധികാരം പറയുന്ന എന്താണ് നിത്യ പ്രത്യേക ആത്മാ നിത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ആത്മാ വേറെ നിത്യല്ലോ അദ്വൈതൽ അനിത്യഹ ദേഹീന്ദ്രിയ വിഷയാതയാഹം ഇന്ദ്രിയം അനിത്യം എന്ന് വെച്ചാൽ ഇത് ഈ പറയുന്ന ആദ്യം പറഞ്ഞ വിഷ്ണു അസ്മത് പ്രത്യേക ഗോചരോ വിഷയവിഷീണോഹോ എന്ന് പറഞ്ഞ അവിടെ നിന്നുകൊണ്ട് പറയാ വിഷയി രണ്ടെണ്ണത്തിൽ പറഞ്ഞല്ലോ അതിലെ വിഷയി ആത്മാവ് നിത്യവും വിഷയങ്ങളെല്ലാം അനിത്യവുമാണ് അതാണ് കൂടെ ഭാവധികാരം പറയുന്നത് നിത്യ പ്രത്യേകാത്മാനിത്യ അധികൃ വിഷയം േത് വിവേകോ നിശ്ചയം ഇതിനെ സംബന്ധിച്ചുള്ള ഇതിനെ വിഷയമാക്കിയിട്ടുള്ള വിവേകനിശ്ചയം എന്നാണ് അർത്ഥം പറയണമെങ്കിൽ തദ്വിഷയ വിവേക നിശ്ചയശ്ചേതെന്നര് തദ്വിഷയെന്നു വെച്ചാൽ തയോ വിഷയം എന്ത് ആത്മാവിന്റെയും അനാത്മാവിന്റെയും നിശ്ചയമാണ് ആത്മാവ് എന്നതാണ് അനാത്മാവ് ഇന്നതാണെന്നുള്ള നിശ്ചയമാണെങ്കിൽ ഇതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല എന്നുവെച്ചാൽ ബ്രഹ്മവിചാരം കൊണ്ട് പിന്നെ പ്രയോജനം ഇല്ല എന്തുകൊണ്ട് നിത്യം എന്താണെന്ന് നിശ്ചയിച്ചു ആ നിത്യം എന്താണെന്ന് നിശ്ചയിച്ചു ബ്രഹ്മവിചാരം ബ്രഹ്മെന്താണെന്ന് നിശ്ചയിച്ചല്ലേ ആത്മാവിനെ നിശ്ചയിച്ചു പിന്നെ എന്തിനാ ബ്രഹ്മവിചാരം വിചാരത്തിന്റെ ആവശ്യമുണ്ട് ഇതാണ് ഇത് ഭാവി അതിബുദ്ധിയാണ് മനസ്സിലായി അതിബുദ്ധിയാണ് കൂടെ അപ്പൊ നിത്യാനിത്യവസ്തുവേകം എന്ന് പറയുന്നത് നിത്യമായ ആത്മാവിനെയും ആത്യമായ ദേഹാന്ത്രിയതേയും തമ്മിലുള്ള വിവേകമെന്ന് പറഞ്ഞാൽ നിശ്ചയമാണെങ്കിൽ അസ്യ ജിജ്ഞാസായ അകൃതം ഈ ജിജ്ഞാസയ്ക്ക് പ്രയോജനമില്ലാത്തത് എന്തുകൊണ്ട് ജ്ഞാതബ്രഹ്മണ് ആത്മാവ് എന്താണ് അനാത്മാവ് എന്താണ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആത്മാവിനെ പിന്നെ ഇനി എന്തിനാണ് ബ്രഹ്മവിചാരം എന്നാണ് ഇതാണ് പാധികാരം പറയുന്നത് അതുകൊണ്ട് അങ്ങനെ അർത്ഥം പറഞ്ഞാൽ ശരിയാകും അത വിവേകോ ഞാന മാത്രം നിശ്ചയക ഇനി ഇങ്ങനെ ഒരു അർത്ഥം പറയണെന്താണ് വിവേകോന്ന് പറഞ്ഞാൽ അവര് സാമാന്യമായ അറിവ് നിശ്ചയമില്ല എന്നാണെങ്കിൽ ആത്മാനാത്മവം എന്ന് പറഞ്ഞാൽ സാമാന്യ ജ്ഞാനം നിശ്ചയമില്ലാന്നാണെങ്കിൽ ഭാവിയേ ഇനി നിത്യാനിത്യവസ്തുവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യ ജ്ഞാനമാണെങ്കിൽ എന്ത് സംഭവിക്കും തഥാ സതി യേശു വിപര്യാസാദ് അന്യ സംശയം ഇത് ഭ്രമ ആയിരിക്കില്ല സംശയമായിരിക്കും കാരണം അജ്ഞാനം സംശയം വിപര്യം ജ്ഞാനം എന്ന് പറയുമ്പോൾ രണ്ടെണ്ണമാവളോ ഒന്നുകിൽ സംശയമായിരിക്കണം അല്ലെങ്കിൽ ഭ്രാന്തി ആയിരിക്കണം അല്ലെങ്കിൽ നിശ്ചയമായിരിക്കണം അപ്പം നിശ്ചയമല്ല എന്ന് പറയും പിന്നെ രണ്ടാവുള്ള ഏതൊക്കെ സംശയവും അതൊരു സംശയമാണ് എന്നെടുക്കുകയാണെങ്കിൽ തഥാസതി യേശ വിപര്യാസാദ് അന്യ സംശയം അപ്പോൾ ആത്മാവിനെയും ആത്മാവിനെയും അനാത്മാവിനെ സംബന്ധിച്ചുള്ള വിവേകമെന്ന് പറഞ്ഞാ ആത്മാവിനെയും അനാത്മാവിനെ സംബന്ധിച്ചുള്ള സംശയം എന്നർത്ഥം വരും കാരണം വിവേകത്തിന് നിശ്ചയം സംശയം ഭ്രാന്തിർത്ഥം നിശ്ചയമല്ല എന്ന് പറഞ്ഞു ഭ്രാന്തി അല്ല എന്ന് പറഞ്ഞു പിന്നെ സംശയം സംശയം നിർത്തമെടുത്താലോ തഥാത് നവൈരാഗ്യം ഭാവേ സംശയം ഉണ്ടെങ്കിൽ പിന്നെ ആർക്കും വൈരാഗ്യം ഉണ്ടാകത്തില്ല ആത്മാവുണ്ടോ ഇന്നേലുള്ള സംശയം ഉണ്ടെങ്കിൽ ആർക്കും വൈരാഗ്യം ഉണ്ടാവും അഭാവിയൻ കഥാസായത് വൈരാഗ്യം ഉണ്ടായില്ലെങ്കിൽ പിന്നെ അത് എങ്ങനെ സന്യാസമുണ്ടാവും സന്യാസമുണ്ടാകത്തില്ലല്ലോ അപ്പൊ ബ്രഹ്മജിജ്ഞാസക്ക് വൈരാഗ്യം കാരണമെന്നാണോ നേരത്തെ പറഞ്ഞത് വൈരാഗ്യമുള്ളവനാണ് ബ്രഹ്മവിചാരം ചെയ്യുന്നത് എല്ലാം ഉപേക്ഷിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ വിവേകം എന്ന് പറഞ്ഞാൽ സംശയമാണെങ്കിൽ സംശയമുള്ള ഒരാൾക്ക് ഒരിക്കലും വൈരാഗ്യം ഉണ്ടാകത്തില്ല വിരക്തി ഉണ്ടാകത്തില്ല വിരക്തി ഉണ്ടായില്ലെങ്കിൽ പിന്നെ വിചാരം ചെയ്യും വിചാരം ചെയ്യത്തില്ല ഈ സംസാരത്തിൽ വിരക്തി ഉണ്ടാവണ്ടേ വിരക്തി ഉണ്ടാവണമെങ്കിൽ ആക്കറിയ ആത്മാവനെ കുറിച്ച് നിശ്ചയാത്മകമായി അറിയണ്ടേ ഞാൻ മോക്ഷത്തിന് വേണ്ടിയാണ് ശ്രമിക്കും വിരക്തി ഉണ്ടാവും വിചാരം ചെയ്യും പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന അറിവെന്ന് പറയുന്നത് സംശയമാണെങ്കിൽ ഇതൊന്നും നടക്കില്ല വൈരാഗ്യം ഉണ്ടാകത്തില്ലാസിക്കും സംശയം ഹേതുവാകത്തില്ല വൈരാഗ്യവും ഹേതുവാകത്തില്ല എന്നർത്ഥം ഇനി ഭ്രാന്തിയാണെങ്കിലോ ഭ്രാന്തി ഉണ്ടാർക്കെങ്കിലും വൈരാഗ്യം ഉണ്ടാകും ഇവിടെ ആത്മാനാഭം ഭ്രാന്തിയാണെങ്കിൽ ഭ്രാന്തി കൊണ്ട് എന്താവുന്നു ഭ്രാന്തി കൊണ്ടായാലും അജ്ഞാനം നശിച്ചു വൈരാഗ്യം ജിജ്ഞാസുണ്ടാവും ഒന്നും ഉണ്ടാവത്തില്ല അപ്പൊ നിത്യാനിത്യാസ വിവേകം എന്ന് പറയുന്നിടത്ത് ആ വിവേകം നിശ്ചയമാണെന്ന് പറയണെങ്കിൽ എന്താ ദോഷം വരും പിന്നെ വിചാരം ചെയ്യേണ്ട ആവശ്യമില്ല ഭ്രാന്തിയാണെങ്കിലോ പല പ്രശ്നം കൊണ്ടാണ് ഭ്രാന്തി ആണെങ്കിൽ പിന്നെ ഞാൻ ബാധിക്കപ്പെട്ടു ബാധിക്കും പിന്നെ ഭ്രാന്തി കൊണ്ടൊരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഭ്രാന്തി കൊണ്ട് ബ്രഹ്മവിചാരം ചെയ്യും ബ്രഹ്മവിചാരത്തിന് ഭ്രാന്തി കാരണമെന്നു പറഞ്ഞ എല്ലാം കുഴപ്പത്തിലും ഇനി വിവേകത്തിന് നിശ്ചയം നടത്തുകൊടുത്തു കഴിഞ്ഞാൽ കാണും അതെടുക്കാൻ പറ്റില്ല സംശയം നടത്തുകൊടുത്ത എന്താ പ്രശ്നം സംശയം നടത്തുകഴിഞ്ഞാൽ എന്തൊരു ആക്കി ഉണ്ടാകത്തില്ല അതിന്റെ വിചാരം ഉണ്ടാകത്തില്ല അതുകൊണ്ട് നിത്യാനിത്യ വസ്തു എന്ന് ഭാഷകാരം പറഞ്ഞിരിക്കുന്നതിന് ാലൻ മാറ്റി വ്യാഖ്യാനിക്കുന്നു ഇനി ഭാവതികാരം പറഞ്ഞിരിക്കുന്നതിന് എന്തെങ്കിലും കാര്യം ഉണ്ടോന്നുള്ളൂ ഭാഷകാരനോട് എന്താ പറഞ്ഞു നിത്യാനിത്യ വസ്തുപറഞ്ഞാൽ ഭാഷകാരം പറഞ്ഞത് വേദാധ്യയനം ചെയ്യുന്ന ഒരാളിന് വേദത്തിൽ നിന്നും നിത്യമാണ് ആത്മാവെന്നുള്ള ജ്ഞാനം ഉണ്ടാവും പിന്നെ അനിത്യം കർമ്മങ്ങളും അവയുടെ ഫലങ്ങളും അനിത്യമാണെന്നും ബോധമുണ്ടാവും അപ്പോ ആത്മാവ് നിത്യമാണെന്നുള്ള ബോധം ഉണ്ടാവും കർമ്മങ്ങളും അവയുടെ ഫലങ്ങളും അനിത്യമാണെന്ന് ഉള്ള ബോധവും വേദത്തിൽ നിന്നും വേദ അധ്യയനത്തിൽ നിന്നുണ്ടാകുമ്പോ ആത്മാവ് നിത്യമാണെന്നുള്ള ആ ബോധം ഉണ്ടാകുമ്പോൾ അതിനെ അറിയാൻ വിജ്ഞാസുണ്ടാവും പിന്നെ കർമ്മങ്ങളും ഫലങ്ങളും ഒക്കെ അനിത്യമാണെന്നറിഞ്ഞാ വൈരാഗ്യം ഉണ്ടാവും അതിൽ നിന്നും കർമ്മത്തിൽ നിന്നും വൈരാഗ്യം ഉണ്ടാവും അപ്പൊ ഈ ചോദ്യം വരും ആത്മാവ് നിത്യമാണെന്ന് അറിഞ്ഞാൽ പിന്നെ എന്തിനു വിചാരം നിത്യമാണെന്ന് അറിഞ്ഞല്ലോ എന്ന് വരും അതിന് ഭാഷകാരൻ ഉദ്ദേശിക്കുന്നെന്ന് ചില ഏതാ അധ്യയനം ചെയ്യുമ്പോ ഒരാൾക്ക് സത്യജ്ഞാനോ അനന്ത ബ്രഹ്മ തുടങ്ങിയ വാക്യങ്ങളുടെ ജ്ഞാനമുണ്ടായാലും ആവശ്യമായിട്ട് വരുന്ന എന്തുകൊണ്ടാണ് ആ അതിലൊക്കെ സംശയമുള്ളത് കൊണ്ട് തന്നെയാണ് സംശയം മാത്രമല്ല ഞാനും സംശയവിപര്യങ്ങളെല്ലാം ഉണ്ടാവും പിന്നെ വിചാരം ചെയ്യുന്നതിനു വേണ്ടി ഇതൊക്കെ പരിഹരിക്കാൻ ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടിട്ടാണ് പിന്നെ അയാൾക്ക് എന്തുകൊണ്ട് വൈരാഗ്യം ഉണ്ടാകുന്നു അത് സ്വർഗാദിഫലങ്ങൾ അനിത്യമാണെന്ന് അറിയുമ്പോൾ അതിന് വൈരാഗ്യം ഉണ്ടാകുന്നു ഇതാണ് ഭാഷ്യകാരന്റെ പ്രക്രിയ സാമൂഹികകാരൻ അതിനെ മനസ്സിലാക്കാതെ ഇത്രയും മെക്കാനിക് അതിന് വൈരാഗ്യം ഉണ്ടാകുന്നതിന് കർമ്മഫലങ്ങൾ അനിത്യം എന്നറിഞ്ഞാൽ വൈരാഗ്യം ഉണ്ടാകുന്നത് അത് എങ്ങനെയും വേദത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു ഇതായ കർമ്മചിത്ത ലോകാക്ഷിയേം ബ്രഹ്മചിത് ലോകാൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു കർമ്മം കൊണ്ടുണ്ടായ വേദങ്ങളെ ഫലങ്ങളെല്ലാം നശിക്കുന്നു വേദത്തിൽ പറഞ്ഞിരിക്കുന്നു അപ്പം വൈരാഗ്യം ഉണ്ടാവും സംശയം ഞാനുണ്ടായ വൈരാഗ്യം ഉണ്ടാകില്ല എന്ന് പറയുന്ന പാമതികാരന്റെ അഭിപ്രായം ശരിയല്ല പാമതികാരന് ശരിക്കും ഭാഷകാരന്റെ ആശയം പടി കിട്ടാത്തതാണ് കർമ്മങ്ങളുടെ ഫലം അനിറ്റമാണെന്ന് നിന്ന് വൈരാഗ്യം ഇനി ആത്മാവിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ വേദാധ്യയനത്തി അത് ഉണ്ടാവുന്ന സാമാന്യജ്ഞാനമാണ് ആ ജ്ഞാനത്തിൽ അജ്ഞാനസം സേവനങ്ങളെല്ലാം ഉണ്ട് ഉണ്ടെങ്കിലും അങ്ങനെ ഉള്ള ഒരു ജ്ഞാനം ഉണ്ടായാൽ അതിന്റെ വിശേഷജ്ഞാനത്തിന് വേണ്ടി ഒരാള് വിചാരം ചെയ്യും വൈരാഗ്യമുണ്ടല്ലോ അപ്പൊ വിചാരം ചെയ്യും പക്ഷെ ഭഗവതികാലം പറയുന്നത് എന്താണ് സംശയം ഞാനുണ്ടായാൽ വൈരാഗ്യം ഉണ്ടാകത്തില്ല അതിന് സംശയം ഞാനുമായിട്ട് ബന്ധമെന്നത് വൈരാഗ്യം ഞാൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നാണോ പറഞ്ഞത് കർമ്മഫലമാനിത്യമാണെന്നറിഞ്ഞാ വൈരാഗ്യം ഉണ്ടാകും അതിന് ആത്മജ്ഞാനമായിട്ടതിന് ബന്ധമില്ല പിന്നെ ആത്മജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ വിചാരമുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ദോഷമൊന്നുമില്ല ആ ജ്ഞാന അജ്ഞാന സംശയ വിവരങ്ങളോടുകൂടി ശരി അങ്ങനെ അജ്ഞാന സംശയ വിവര സംശയങ്ങളുണ്ടായ വിചാരം ഉണ്ടാവും ഉണ്ടാവും അങ്ങനെ ഒരാള് മന്ദഅന്ധകാരത്തിൽ കുറ്റിയെ കണ്ടു അത് സംശയം ഉണ്ടാകുന്നു എന്താണ് അത് സ്ഥാണുവാണോ പുരുഷനാണോ സംശയം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരാള് അയാൾ എന്താ ചെയ്യുന്ന വിചാരം ചെയ്യും അതിന് പ്രവർത്തിക്കും സംശയത്തെ തുടർന്നാണ് ബാക്കിയെല്ലാം നടക്കുന്നത് സംശയം ഉള്ളോണ്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത് ചിന്തിക്കുന്നത് അതെന്താണ് എന്നറിയാൻ വേണ്ടി ഇനി മരുപ്പ രചിക വെള്ളം കാണുന്നു വെള്ളം അത് ഭ്രാന്തിയാണ് പക്ഷെ മരുഭൂമിയിൽ ആ വെള്ളം കാണണം ഉണ്ട് അയാള് ചിന്തിക്കും ഇത് എന്താണ് ഇത് ശരിക്കും ഇത് ഇവിടെ വെള്ളമുണ്ടോ എന്ന് ചിന്തിക്കും കാരണം മരുഭൂമിയിലാണ് ഇവിടെ വെള്ളം കാണാൻ സാധ്യതയില്ല ഒരു അറിവ് സംശയമായാലും ശരി വിപരീയമായാലും ശരി ആ അറിവ് ചിന്തിക്കാൻ മനുഷ്യനെ കാരണമായി തീരും അതുകൊണ്ട് വിചാരം സംശയം ഞാനുണ്ടായിരുന്നു ാന്തിജ്ഞാനം ഉണ്ടായത് എന്ത് വിചാരം ഉണ്ടാവും അതിന് ഈ ഭാഗികാരുടെ അത് മനസ്സിലായിട്ടില്ലെന്നാണ് കരുത് അത് ചെയ്ത് പിന്നെ ഇനി ഒരാൾക്ക് ഇത് കേൾക്കുമ്പോൾ നിശ്ചയാത്മകമായ ജ്ഞാനം ഒന്നുണ്ടാവുകയാണെങ്കിൽ ഭാഷകാരം തന്നെ പറയുന്നു പിന്നെ വിചാരത്തിന്റെ ആവശ്യം നിശ്ചയമാ നിശ്ചയരൂപത്തിലുള്ള ജ്ഞാനം ഉണ്ടായാൽ പിന്നെ വിചാരത്തിന്റെ ആവശ്യം എന്തായാലും ഞാൻ ഞാൻ ഉണ്ട് അത് ഞാനുണ്ടോ ഇത്തരം കാര്യങ്ങളൊന്നും പരിഗണിക്കാതെയാണ് ഭാവതികാരന് പറയുന്നത് എന്താണ് ഈ നിത്യാനിത്യവസ്തു പറയുന്നത് ശരിയല്ല ഞാൻ പറയുന്ന പോലെയാണ് എന്റെ ശരി ഞാൻ പറയുന്നതാണ് എന്റെ ശരി എന്ത് ഞാൻ പറയുന്ന വ്യാഖ്യാനം പക്ഷെ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമുണ്ട് ഈ പറയുന്നതി തന്നെ ഒഴിവ് ശല്യൂ അപ്പൊ ഇത്രയും പോയിന്റ് ഉണ്ടെന്ന് ഒരു ജ്ഞാനം ആ ജ്ഞാനം ഉണ്ടായിക്കൊണ്ട് ഞാൻ എന്തുവരാം വിചാരമുണ്ടാകാം സംശയമാനും സാണോവാ പുരുഷവാ എന്ന് സംശയമുണ്ടായാലും പിന്നെ വിചാരമുണ്ടാകും പ്രവൃത്തി ഉണ്ടാകും ചിലരാണെങ്കിൽ അത് കള്ളനാണെന്നറിഞ്ഞിട്ടവിടുന്ന് ഓടിപ്പോവും ചിലരാണെങ്കിൽ അത് കുറ്റിയാണെന്നറിഞ്ഞിട്ടങ്ങോട്ട് നടക്കും ഇനി ഒരാൾക്ക് അത് കുറ്റിയാണ് എന്ന് സംശയിക്കുകയാണെങ്കിൽ കുറ്റിയാണ് പേടിക്കേണ്ട അങ്ങോട്ട് പോകും കള്ളനാണ് എന്ന് സംശയിക്കുകയാണെങ്കിൽ ആണ് അവിടെ നിന്ന് ഓടിപ്പോകും സംഭവിക്കാം അത് കണ്ടുകഴിഞ്ഞാൽ ഉടൻ സാണു ആണോ പുരുഷനാണോ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് വിചാരമാണ് ഏതാണിത് ഇപ്പൊ സംശയജ്ഞാനമായാലും ഭ്രാന്തിജ്ഞ ആയാലും അവരും മരുപരീക്ഷുകയും ജലം കണ്ടുകഴിഞ്ഞാൽ ചിന്തിക്കുകയാണ് ഇത് മരുഭൂമിയാണ് ഇവിടെ കാണാൻ സാധ്യതയുണ്ടോ ജലം ആണല്ലോ കാണുന്നത് ചിന്തിക്കുകയാണ് ഇവിടെ ഈ ഭാഗത്ത് മുഴുവൻ ഭാഗവതികാരൻ മനസ്സിലാക്കാതാണ് ഭാഷ എഴുതി ബൌതി വയ്ക്കാൻ എഴുതി അല്ലെങ്കിൽ തൻറ്റേതായ ഒരു ധാരണ ഇന്നുകൊണ്ട് എഴുതി ഭാഷകാരൻ പറയുന്നു പോരാ എന്നുള്ള ഒരു ചിന്തയിൽ എഴുതുകയാണ് അത്ര ശരിയായ കാര്യം അല്ല മനസ്സിലായോ അതുകൊണ്ട് നിത്യാനിത്യവസ്തുവെന്ന് പറയുന്ന കടത്ത് പക്ഷികാലം പറയുന്ന അനുസരിച്ച് അവിടെ എന്ത് ജ്ഞാനമാണ് ഉണ്ടാകുന്നത് എന്ത് ജ്ഞാനമാണോ കൂടിയാണ് ജ്ഞാന സംശയ വിദ്യങ്ങളോട് കൂടി ജ്ഞാനമാണ് ശാബ്ദജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണോ അത് യഥാർത്ഥ ജ്ഞാനമാണ് ശാബ്ദം പ്രമേയാണ് സംശയ വിവര്യങ്ങളുള്ള ജ്ഞാനത്തെ ശാബ്ദാനു പറയത്തില്ല മനസ്സിലായോ സംശയവിര്യങ്ങളെല്ലാം ഉള്ള ജ്ഞാന ശബ്ദം ജ്ഞാനമുണ്ട് അത് യഥാർത്ഥ ജ്ഞാനമാണ് ഇവിടെ ശബ്ദജ്ഞാനമെല്ലാം ഉണ്ടാകുന്നത് ശബ്ദത്തിൽ നിന്നൊരു ജ്ഞാനം ഉണ്ടായി അർത്ഥാനം പക്ഷേ അത് എന്താണ് അജ്ഞാന സംശയവിര്യങ്ങളോടു കൂടിയ ഒരു ശബ്ദം ഞാൻ അപ്പത് പൂർണ്ണമായ ശബ്ദം ഞാനുണ്ട് നിശ്ചയാത്മകമായ ഞാനും അല്ല അങ്ങനെയാണ് ഞാനും ഉണ്ടാകുന്നത് കൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു അയാള് എന്തിനു വേണ്ടിയിട്ട് നിശ്ചയാത്മകമായ ജ്ഞാനത്തിന് വേണ്ടി താൻ ബ്രഹ്മം തന്നെ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി എന്തു ചെയ്യുന്നു അയാള് വിചാരം ചെയ്യുന്നു ഭക്ഷ്യകാരന്റെ ഇനി ഭാവനികാരൻ പറയുന്നതിന് വേണമെങ്കിൽ വേറൊരു അർത്ഥം പറയണം ഇത് കേൾക്കുന്നു ഏതാണ് തത്വമസീത് ഉണ്ടെങ്കിൽ കേൾക്കുന്നു കേൾക്കുമ്പോൾ ജ്ഞാനവും ഉണ്ടാകുന്നു അത് പരോക്ഷജ്ഞാനമാണ് അത് പരോക്ഷമാണ് കാരണം വാക്യത്തിൽ നിന്നുണ്ടായ ജ്ഞാനമാണ് പരോക്ഷം ഞാനാണ് അയാള് പിന്നെ ചെയ്യുന്നതിനു വേണ്ടി അപരോഷ്ഞാനത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു വിഷയത്തിൽ പരോക്ഷ ഉണ്ടായാൽ അത് അപ്രോക്ഷം ഞാനതിനു വേണ്ടി പ്രവർത്തിക്കും ഞാൻ അവിടെ ചെയ്യുന്നോട് ഹിമാലയം എന്ന് കേട്ടെനിക്ക് ഹിമാലയത്തെക്കുറിച്ചുള്ള പരോക്ഷം ഞാനുണ്ടായി അവിടെ ഞാൻ എന്ത് ചെയ്യുന്നു വണ്ടി കയറുന്നു എന്തിനുവേണ്ടി ഹിമാലയത്തിന് വേണ്ടിയുള്ള അപ്രോക്ഷം ഞാനതിനു വേണ്ടി അപ്പൊ അങ്ങനെയും പറയാം അങ്ങനെ പറഞ്ഞാലും കുഴപ്പം മനസ്സിലായ ഭാഷകാരൻ വാക്യത്തിൽ നിന്ന് ശബ്ദം ഞാനുണ്ടാകുമെന്ന് അംഗീകരിക്കുന്നുണ്ട് ബാമതികാരനും പക്ഷെ ഭാവതികാരം പറയുന്ന അങ്ങനെ ഒരു ശബ്ദം ഞാനുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ധ്യാനിക്കണം എന്നാണ് വ്യത്യാസം ഭാഷകാലം പറയുന്ന അങ്ങനെ ഒരു ശബ്ദം ഞാനുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെത്തിന് വേണ്ടി ധ്യാനിക്കേണ്ട കാര്യമില്ല ജ്ഞാനത്തിന് വേണ്ടി ധ്യാനിക്കേണ്ട കാര്യം ഭാവതികാരം പറയുന്ന ശബ്ദ ഞാനുണ്ടായിക്കഴിഞ്ഞാൽ അത് പരോക്ഷമായിരുന്നുണ്ട് ജ്ഞാനത്തിന് വേണ്ടി ധ്യാനിക്കണം അപരോഷ്ഞാനത്തിനു വേണ്ടി ഭാവതികാലും പറയാം മനസ്സിലായ അത് ഭാഷ്യകാല അഭിപ്രായത്തിൽ എന്താണ് ശബ്ദം എന്ന് പറയുന്നത് തന്നെയാണ് അപ്രോഷ ഞാനം ശബ്ദജ്ഞാനത്തിനപ്പുറം ഒരു അപ്രോഷ ഞാനം ഇല്ല അപരോഷ്ഞാനം എന്ന് വെച്ചപ്പോൾ എന്താർത്ഥം ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാവുന്ന ശബ്ദം ഭാഷകാലം പറയുന്നത് ആ അജ്ഞാന സംശയ വിനയങ്ങളില്ലാത്ത ഞാനോ അതാണ് അപ്രോക്ഷോ അതാണ് ശബ്ദം ഞാനും അതിന് മുമ്പോട്ട് പോകേണ്ട കാര്യം ഇല്ല പിന്നെ അടുത്ത് വരുന്നത് നീതിയാസനം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിത്യാസന് കാര്യങ്ങൾ എന്ത് ചെയ്യാം തുടർന്നും ചെയ്യാം ശ്രവണം നിത്യാസം എന്താ ചെയ്യാം എന്നു വേണ്ടിയിട്ട് ഈ ആ മനുഷ്യന്റെ മനസ്സ് ശബ്ദ ജ്ഞാനത്തിൽ തന്നെ നിർത്താൻ വേണ്ടി ഇല്ലെങ്കിൽ ഞാനും ക്ഷണികം ഒരാൾക്ക് എപ്പോഴും ഈ ജ്ഞാനത്തിൽ തന്നെ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യാം തുടർന്ന് ശ്രവണ മനുഷ്യങ്ങളും ചെയ്തുകൊണ്ടേ അയാൾക്ക് അപരോക്ഷാണ്ടായതിനു ശേഷവും അതുകൊണ്ട് വിശേഷിച്ച് മറ്റ് പ്രയോജനമൊന്നുമില്ല മറ്റു ഞാനുണ്ടാകാതിരിക്കും എന്നുള്ളതാണ് അയാളുടെ അജ്ഞാനം നശിച്ചു അപരോക്ഷ ജ്ഞാനത്തിൻ്റെ പ്രയോജനം എന്താണ് അജ്ഞാനം നശിക്കുക അത് അജ്ഞാനം നശിച്ചു കഴിഞ്ഞു അജ്ഞാനം നശിച്ചതെന്ന് മുക്തനാണ് എന്നാലും പ്രാരബ്ധ സംസ്കാരം ക്ഷയിക്കുന്നതുവരെ എന്തു ചെയ്യാം ചെലവണ ചെയ്തുകൊണ്ട് ഇരിക്കുക ഇതൊക്കെയാണ് ഭാഷകാരൻ്റെ ആശയം དས དས དས དས